അവർ തൗറാത്തും ഇഞ്ചിയിലും തങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് അവർക്ക് അവതരിപ്പിക്കപ്പെട്ട കാര്യങ്ങളും മുറുകെ പിടിച്ചിരുന്നെങ്കിൽ അവർക്ക് മുകളിൽ നിന്നും അവരുടെ പാദങ്ങൾക്കിടയിൽ നിന്നും അവർക്ക് ഭക്ഷണം ലഭിക്കുമായിരുന്നു അവരിൽ ഒരു വിഭാഗം മിതത്വമുള്ളവരാണ് എന്നാൽ അവരിൽ പലരും പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ വളരെ മോശമാണ്